ആദ്യ ജനതയ്ക്കു ശേഷം നിങ്ങളെ പിൻഗാമികളാക്കുകയും ഭൂമിയിൽ നിങ്ങൾക്കായി ഇടം നൽകുകയും ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക നിങ്ങൾ അതിന്റെ സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും മലകളെ വീടുകളായി കൊത്തിയെടുക്കുകയും ചെയ്യുന്നു അതിനാൽ അള്ളാഹു സുബാനഭുവ ടായാലയുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക ഭൂമിയിൽ നാശമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ അതിക്രമം കാണിക്കരുത്